മതകാര്യത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി കഴിഞ്ഞു അതിനാൽ ആരെങ്കിലും ധാഗൂത്തിനെ നിഷേധിക്കുകയും അള്ളാഹുസുബഹാനഹുവ തായാലാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ ഒരിക്കലും പൊട്ടിപ്പോകാത്ത ദൃഢമായൊരു പിടിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു അള്ളാഹു സുബഹാനഹൂവ തായാലെല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാകുന്നു